അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ബ്രാഹ്മണക്ഷിത്സാഹമെന്ന പ്രയോജനാണ് സ്വഭാവങ്ങളെ പ്രചരിക്കുന്നത് ഇതിനും ബ്രഹ്മചാരികാരെ ഉദ്ധരിച്ചതിൽ പറ്റിയാണ് ക്ഷത്രുവിരുദ്ധം ചെയ്യണം എന്നുള്ള സമൃദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോടൊപ്പം അധ്യാപകർ വിളിച്ചത് അത് വേഖാതിരിക്കുന്നതിന് ക്ഷത്രീ നാരായണ എങ്ങനെ വേഖി ഗ്രാമത്തിൽ തല ബ്രാഹ്മണ വിഷയങ്ങളിൽ മത്സ്യം പറഞ്ഞു ബ്രാഹ്മണാവി ജന്മ ഒരാളും അതാണ് സംസാരിക്കുന്നത് ബ്രാഹ്മണ ജന്മമാണ് ജന്മം കൊണ്ട് ജീവിക്കുന്ന ബ്രാഹ്മണകുലത്തിലും ഒരാളിയും ചില ഏറ്റാമെന്നാണ് ആ ജന്മത്തിനേ ആയിരിക്കുന്ന ഓരോ ഇവിടെ പൊതുവംസ്കാരം അപ്പൊ പൂർവ്വ സംസ്കാരമാണ് സ്വഭാവം അപ്പൊ എന്താണ് സ്വഭാവം എന്ന് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി എല്ലാവരുടെയും അർത്ഥമല്ല സ്വഭാവത്തിന് വരാട്ടും പറയാം നമ്മൾ സ്വഭാവം ഈ ഒരു സ്വഭാവമാക്കും പറയാം പക്ഷെ ഇവിടെ കാരണം ഇത് അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ഈ നാല് ജാതികൾക്ക് ഇടയിൽ ജന്മത്തിന് കാരണമായിരിക്കുന്നു സംസ്കാരം എന്നാണ് ഈ എല്ലാ ആചാര്യന്മാരും പറഞ്ഞു അതങ്ങനെ പറയുന്നത് ജന്മം കൊണ്ടാണ് ഈ നാല് ജാതികളെയും തീരുമാനിക്കുന്നതെന്നുള്ള അതിനുവേണ്ടി കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ത്യ ഗ്രാമങ്ങളിലുള്ള എല്ലാ ജാതികളിലും സുഹൃത്തുക്കൾ ഉൾപ്പെടെ പിന്നെ അതിനപ്പുറമുള്ള ജാതികൾ ശങ്കരവർഗങ്ങളെ അതിനു കൂടെ ചർച്ച ചെയ്യുന്നില്ല ഈ പ്രധാന ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നു അവിടെ ഇതിൽ ചർച്ച ചെയ്യുന്ന ജനമോത്സവം പോലുള്ളവരൊക്കെ ഇങ്ങനെ കൊണ്ട് അതായത് ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ടെന്ന് ഗുണം കൊണ്ട് ബ്രാഹ്മണങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുന്നത് അതൊന്നുമില്ല അത് ഗീതയിലാശയമല്ല മഹാഭാരത തന്നെ പറയുന്നത് നമുക്ക് സംഭാവന ഗുണങ്ങൾ എവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ ഗുണങ്ങൾക്കനുസരിച്ച് അവരുടെ ജാതി പക്ഷെ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം ക്ഷത്രിയനിൽ ബ്രാഹ്മണ ഗുണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആ ഗുണം കൊള്ളതുകൊണ്ട് ക്ഷത്രിയനെ ബ്രാഹ്മണനെ കുടിക്കും ക്ഷത്രിയനെ മനുണ്ടാകും എന്നുകൊണ്ട് ക്ഷത്രിയത്തിൽ സ്ഥിതി ചെയ്യുന്ന ജന്മം കൊണ്ടാണ് ഗുണം കൊണ്ട് ത്രിഗുണങ്ങൾ മാറിക്കൊണ്ടെങ്കിൽ പക്ഷെ എവിടെയും വരുത്തി ഗുണങ്ങൾ കൊണ്ടൊരാളുടെ ജാതി പറയാറുണ്ട് ആർക്കും ജന്മം കൊണ്ടുള്ള ജാതി അംഗീകരിക്കും അംഗീകരിച്ചിട്ട് അതിന് ഗുണം കൊണ്ടുള്ള ജാതി ഗുണം ആ ജാതി അംഗീകരിക്കാം അവിടെ ജാതി വർണ്ണം ഇങ്ങനെ രണ്ടാണെന്ന് ഒരാചാര്യന്മാർക്ക് ഓർക്കണം ഇങ്ങനെ ഇത് ആധുനികരായിട്ട് കഴിയാതെ പറയുന്നത് ജാതകരെ കർമ്മം കഴിയും സമർപ്പിക്കുന്നത് ആധുനിക കാലത്ത് ന്യായീകരിക്കാൻ കഴിയില്ല അനുഗ്രഹിക്കണമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആചാര്യന്മാരുള്ള ചില ആചാര്യന്മാരെല്ലാം അവർ സത്യസന്ധമായിട്ട് അറിയണം അവര് ആ വ്യാഖ്യാനത്തിനൊരു കാപ്പിയുമില്ല കാരണം അവർ പറയുന്നത് ശുദ്ധി സിദ്ധി ഇതിവാസ പുരാണങ്ങൾ അനുസരിച്ചാണ് വ്യാഖ്യാനം അവിടെയുള്ള ഇത് തന്നെയാണ് പറയുന്നത് ഇപ്പോ പ്രാചീന വ്യാഖ്യാനങ്ങൾ സംഘടനകളുടെ രാജ്യമാസത്യസന്ധമായാണ് ഒരു വ്യാഖ്യാന പിന്നെ ആധുനിക വ്യാഖ്യാതാക്കൾ െ വളങ്ങി പിടിച്ച് വ്യക്തി എന്തുകൊണ്ട് പഴയ കാലത്തെ വ്യാഖ്യാനം ഇന്നത്തെ കാലത്ത് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരുപാട് ഇന്നത്തെ പല കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാതെ പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ ചെയ്യുന്നതും ചോദിക്കാതെ അപ്പോ കൃത്രിമമായ വ്യാഖ്യാനമാണ് എന്ന് പല രീതിയിൽ പഴയ കാലത്ത് ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്ന കാലത്ത് ജന്മം കൊണ്ടെന്ന് ആണ് ജാതി എന്ന് പറയുന്നതാണ് ഈ ലീലമാണ് നടക്കുന്നു ഇതാണ് കഴിഞ്ഞ സംഘം ചർച്ച ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ പറയുന്നത് ഒരു പ്രധാന വിഷയം എന്താണ് നാല് ജാതികളുടെ ഗുണം ഇതെന്താ ശരിയാക്കുമെന്നുള്ളതാണ് അവിടെ വരും മൂന്ന് ഗുണമുണ്ടെങ്കിൽ മൂന്ന് ജാതി എൻ്റെ നാല് ജാതികളും അതിന് വലിയ ഇതാണ് പഞ്ചപാണ്ഡവന്മാർ പറ്റലിന്റെ നാലും പോലെ നാലേ നാലൽ പറഞ്ഞു പോലെ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കുകയും വ്യാഖ്യാനത്തിലൂടെ പറ്റും രാമാനുജാചാര്യര് അത് എങ്ങനെയാണ് വ്യാഖ്യാനത്തിലൂടെ പരിഹരിക്കുന്നത് നോക്കാം അതുപോലെ രണ്ട് ശങ്കരാചാര്യ വ്യാഖ്യാനിക്കും രണ്ട് പരമ്പരയിൽ നല്ല രീതിയിൽ അവർ അതെന്തുകൊണ്ടെങ്ങനെ വന്ന ഇതിന് അങ്ങനെ തൃപ്തി തേക്ക് ഒരു കണക്കൊന്നും അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഭാവന അനുസരിച്ച് വ്യാഖ്യാനിക്കും എന്നുവെച്ചാൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതെന്തെങ്കിലും ഒരു വസ്തു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നമുക്കത് കൃത്രിമത്വം കാണിക്കാൻ പറ്റും കൃത്രിമ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞ വസ്തു യാഥാർത്ഥ്യമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എന്ത് വേണം പറയും അവരുടെ ഭാവന വ്യക്തിയല്ല ഭാവന രാമാനുചാര്യരുടെ ഭാവനയായ ശങ്കരായ ഭാവന ഇവിടെ പറയുന്നു ബ്രാഹ്മണന്റെ സ്വഭാവം പ്രഭവമോ എല്ലാവരും ബ്രാഹ്മണനാണ് ഈ നാല് വർണ്ണങ്ങളെ ശ്രേഷ്ഠ മനു പറയും എന്താണ് ക്ഷത്രിയന്റെ പ്രധാനമായ കർമ്മം അത് ബ്രാഹ്മണരെ തന്നെയാണ് അല്ലാതെ ക്ഷേത്രം മാത്രം അത് സേവിക്കേണ്ടത് അപ്പോൾ ബ്രാഹ്മണനാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ട് എൻ്റെ എൻ്റെ ഏറ്റവും നല്ല ഗുണം ബ്രാഹ്മണൻ ഇരുന്നോട്ടെ പത്ത് ഗുണം ബ്രാഹ്മണൻ അതാണ് ഇവിടെ പറയുന്നത് മറ്റ് രണ്ട് ഗുണങ്ങളോ അത് താഴ്ന്നിരിക്കും ബ്രാഹ്മണനും സത്ത് ഗുണം ഉയർന്നിരിക്കും ഇതാണ് ധാരാളങ്ങൾ ബ്രാഹ്മണൻ തന്നെ എഴുതുകയാണ് ഞങ്ങളുടെ ഗുണം ഏറ്റവും ശരോടെ ഗുണം ഞങ്ങളുടെ ആണോ എനിക്ക് ഏറ്റവും ശരം ഇന്ന് സ്വയം എഴുതിയിരിക്കുന്നതാണ് അങ്ങനെ എഴുതിയാലേ മറ്റുള്ളവർ ചിന്തിക്കാൻ തുടങ്ങും എന്താണ് ബ്രാഹ്മണോ മമ ദൈവതം നിങ്ങളും പോലുള്ള സുഖികാരങ്ങളെല്ലാവരും എല്ലാ മനുഷ്യരും ബ്രാഹ്മണനെ ആരായിരുന്നു ദേവനായുള്ളവർക്ക് ആരാധകർ പൂജിക്കണം അതുകൊണ്ട് ഏറ്റവും നല്ല ഗുണം അവർക്കുള്ളു ബാക്കിയുള്ളതൊക്കെ വളരെ കുറച്ച് അതാണ് ഈ പറയുന്നത് അതിനു ഈ സങ്കരാചയം ചോദിക്കണം അവിടെ നല്ല ഗുണം ബ്രാഹ്മണനാണ് ബാക്കിയുള്ളവർക്കെല്ലാം പൂജ ഇനി ക്ഷത്രിയ രീതി സ്വഭാവമുള്ള സത്വ അഭിഭവരമാണ് അഭിഭവം എന്ന് വെച്ച് പിഴപ്പെടുത്തുക ഉദ്ബോധവും വെച്ച് അധികം ഇപ്പൊ ക്ഷത്രിയെ സംബന്ധിച്ചങ്ങനെ തന്നെ സ്വഭാവപ്രഭവമാണ് ഗുണങ്ങളിൽ ഓർവ് ബ്രഹ്മങ്ങളെ സംസ്കാരം കൊണ്ട് ക്ഷത്രിയ ഗുണത്തിൽ ജനിച്ചു ആ ക്ഷത്രിയയിൽ ഗുണങ്ങൾ കാണും എന്ത് ഗുണങ്ങളാണെന്നും അവിടെ തമ്മ സു തമ്മ സറഞ്ഞ ഉദ്ഭവുന്ന പോലെ ഗ്രോങ്ങളാണ് എന്റെ ഗുണം അവിടെ വർദ്ധിച്ചു ഇക്കാര്യത്തിൽ ശങ്കരായപ്പോ അവരുടെ വ്യത്യാസം കാരണം പുണ്ണ ബ്രാഹ്മണൻ പുണ്യ പുണ്യ ക്ഷത്രിയാണ് സത്യ ബ്രാഹ്മണനും ഏറ്റവും നല്ലതവർ കൊടുക്കുക ബ്രാഹ്മണന് ഏറ്റവും നല്ലൊരു സത്വം കുറച്ച് കുറഞ്ഞൊന്നും കിട്ടുന്നു കണ്ണാടത്തെ പടിയിലാണ് ബ്രാഹ്മണൻ നിന്നൊരു രണ്ടടി താഴെയാണ് നല്ലതാണ് അതുകൊണ്ട് ഇവിടെ രണ്ടാചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അടുത്ത മൂന്നാണ് വൈശിസ്യ സ്വഭാവപ്രഭവ സത്വതരോ അഭിപ്രേ അല്പം ഉദ്രിക്തമോ ഈശ്വരസ് സ്വഭാവത്തോടും രജസ സ്വഭാവങ്ങളെയെല്ലാം അത്യുദ്രീകൾ നോക്കാം വൈശ്വര്യ സംബന്ധിച്ചു തമസ്സാണ് മേടങ്ങിത്തുള്ള നമുക്ക് കുറവാണ് അപ്പൊ ഏറ്റവും തമസ് കുറഞ്ഞ തമസ് അതിന്റെ താഴെ ജസ്റ്റ് അതിന്റെയും താഴെ സത്വം ഇതാണ് വൈസ്യം കാരണം അവൻ കുറഞ്ഞ ജാതിയാണ് അപ്പൊ ബാക്കിയല്ലാത്തതുപോലെ തന്നെ ജന്മത്തിന്റെ സംസ്കാരമുള്ള ഒരുക്കൻ വൈസ്യ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ വൈസ്യന് തമസ് കൂടി നിൽക്കും പക്ഷെ സൂത്രനെ അപേക്ഷിച്ച് കുറവായി അതിലും തഴയായിരിക്കില്ലേ അതിലും തഴയില്ല ഇനി സൂത്രനാണെങ്കിലും സൂത്രനാണെങ്കിലും അതിലും തമസ്സായിരിക്കും കൂടിയിരിക്കുന്നത് പക്ഷേ ആ തമസ് വളരെ കൂടുതലായിട്ട് കുറവായിരിക്കില്ല രസ് അതിലും കുറവായിരിക്കും സത്യം അപ്പൊ സൂത്രം ഏറ്റവും മോശമാകണമെങ്കിൽ വേറെ വഴി കാരണം മൂന്ന് ഗുണങ്ങൾ നാല് ജാതി നാലാമത്തെ ജാതി ഏറ്റവും മോശമാണോ എന്ന് എന്തോ ഏറ്റവും കൂടുതൽ തമസ്സാണോ സൂര്യൻ ഇരിക്കുന്നത് വളരെ കുറവാണോ തപ്പാണോ അപ്പൊ ഏറ്റവും കൂടിയിരിക്കുന്നത് രജസ് കാരണം കൃഷി ഓരക്ഷകത്തെയും എന്തോ രജസ് വേണമെന്ന് പക്ഷേ ക്ഷത്രിയനെ അപേക്ഷിച്ച് തമസ് കൂടുതലാണ് ആ ക്ഷത്രിയെ അപേക്ഷിച്ച് സർപ്പം അവരുടെ പറഞ്ഞു അത് ചെറിയപ്പോ രണ്ടുപേരുടെയും തെറ്റുണ്ട് രാമാനുചാര്യം എന്താണ് ശങ്കരാചാര്യ കണക്കിൽ വലിയ തെറ്റുണ്ട് ഉള്ളക്ക് ഒരു സൂത്രശ്രോമി വ്യാഖ്യാനിക്കുന്നതായിരുന്നു ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ പെർമ്യൂട്ടേഷൻ അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന മാത്തമെറ്റിക്സിന്റെ നിയമങ്ങളനുസരിച്ചാണ് മാത്തമെറ്റിക്സ് വലിയ പിടുത്തമുള്ള ആളല്ല ഞാനതിന് വിശ്വസമായി അങ്ങനൊരു മാത്തമറ്റിക്സ് ആണെങ്കിൽ രണ്ടുപേരും രണ്ട് സ്കൂളിലെ പഠിക്കും മാത്തമെറ്റിക്സ് ശങ്കരാചാര്യ രാമാനുജൻ ഇതിന്റെ രണ്ടു തരത്തിലായിട്ടുണ്ട് എന്തായി വ്യത്യാസം വന്നു ഇങ്ങനെയൊന്നുമില്ല വെറുതെ ഭാവനയും സങ്കല്പത്ത് ഈ മനുഷ്യരെ തരത്തിലും തട്ടതട്ടായി തിരിക്കുന്നതിനൊരു നിക്കവുമായി ഒരു ഭാവന എന്തുകൊണ്ടും പറയാനും സമാധാനമുണ്ട് ശിവജയ സിംഗ് ഇതിഹാസ പുരാണങ്ങളെല്ലാം തന്നെയാണ് അപ്പൊ അതിനെ ന്യായീകരിക്കും അതിനുവേണ്ടി ജീവിതത്തിൽ വാഴ്മേലയാണ് ഇതാണ് വ്യത്യാസം ശങ്കരായ പറയുന്നത് എന്താണോ ശരിക്കും തമസം കൂടി സൂത്രനിലാണ് തമസം കൂടുതലായിരുന്നു പക്ഷെ അവന്റെ രജസ് കുറച്ച് സ്വല്പം അതിലും വളർന്നു അപ്പൊ ഇതും അങ്ങോട്ട് ചെയ്യാവില്ല കാരണം എന്താണ് സൂത്രം എന്ന് വെച്ചാൽ ഇരുപത്തിയാറ് മണിക്കൂറും പണിയെടുക്കേണ്ടവനാണ് അവന്റെ രജസ് കൂടിയിരുന്നാലും നമ്മൾ പറയുന്ന കർമ്മം രജസാണ് കർമ്മം ചെയ്യിക്കുന്നത് അപ്പൊ അവന് തമസ് കൂടിയിരുന്ന് അവൻ എങ്ങനെ മടിയെടുക്കും രജസ് വേണ്ടേ ശങ്കരായു പറയുന്നവന് ഏറ്റവും രജസ് കുറച്ച് സ്വൽപ്പം അതിനും പുറമെ അവനെ മടിയിലെടുക്കി തമസ് കൂടുതലാണെങ്കിൽ അങ്ങനെ പുറം ഇതിൻ്റെ ഒരു പൊരുത്തക്കേടുന്നുണ്ട് കാരണം ഈ മനുഷ്യരിൽ ഇങ്ങനെ വ്യത്യാസങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത ഭൂമഗുണങ്ങളോട് കൊള്ളുന്നതിന് മനുഷ്യരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ ആ സ്വഭാവ വ്യത്യാസം എല്ലാ മനുഷ്യർക്കും കാണും ഞാൻ എപ്പോഴും സാത്വികനാണ് ഒരിക്കലാണ് നിങ്ങൾക്കെല്ലാം എപ്പോഴും സന്തോഷവാനാണ് ശ്രമത്തോടുകൂടിയിരിക്കുന്നവന്റെ ചിലപ്പോൾ എനിക്ക് ദേഷ്യവും വരും ചിലപ്പോൾ പരസ്യവും വരിക എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അപ്പൊ അതിന്റെ ഇടയിൽ അതെല്ലാം മനുഷ്യന്റെ വർമ്മം അല്ലെങ്കിൽ ജാതി തിരിക്കാൻ വരുന്നത് തികച്ചും മഹാത്മാഗാന്ധി ഈ ഗുണകർമ്മങ്ങൾക്കുള്ള ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി സ്വീകരിച്ചയാളാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അപ്പോൾ ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഈ ജാതി വിഭജനത്തെക്കുറിച്ച് ചാതകോട്ടു നാല് രാജ്യം ഒരാളെ നാരായണപുരനോട് ക്ഷേത്രം കൊടുത്തു പറഞ്ഞു ഗാന്ധിജി എന്ന് പറയുന്നുണ്ടല്ലോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് ജാതിക്കാമെന്ന് ഞങ്ങള് ഗാന്ധിജി ചിന്തിക്കാതെ പറയുന്ന എന്നെപ്പോലെ പഠിത്ത ഭാഷയിലേക്ക് പറയും ഗുരു വളരെ സമയം പോലാണ് ഞാനാണെങ്കിൽ ആ ഭാഷയിലായിരിക്കുന്നത് ഞാൻ പറയും ജാതിക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയും ഇതും അങ്ങനെയല്ല പറയാം ചിന്തിക്കാതെ പറയും മനുഷ്യന്റെ ഗുണങ്ങളും കിടന്നുകൊണ്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വെച്ച് ഒരു മനുഷ്യനും ജാതി അടിച്ചിത്തരിക്കാൻ പറ്റും അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അസാധ്യമാവും വർണ്ണമെന്നോ ജാതിയെന്നോ പറയാൻ പറ്റില്ല എന്നുകൊണ്ട് നിരന്തരം മാറുകയാണ് ഇനി രാവിലെ എന്റെ സ്വഭാവത്തിലേക്കോ മാറിക്കഴിഞ്ഞിട്ടുള്ള കുറച്ചു കഴിഞ്ഞ ഇതായിരിക്കില്ല കുറച്ചുകഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യും അപ്പൊ എന്റെ സ്വഭാവം ഇതും മാറാം ഇപ്പൊ ഗീത പറയുമെന്നാണ് കുറച്ച് ഒഴിഞ്ഞും മനുഷ്യന്റെ സ്വഭാവമൊക്കെ നിരന്തരം മാറുന്നു ഇതനുസരിച്ച് എങ്ങനെയായിരിക്കും ജാതി ഇത് വെറും അബദ്ധമാണ് ഇതൊക്കെ ഒരു എന്താണ് ഗൗണമായിട്ട് പറയാൻ അതിനിപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിന് യാതൊരു കാര്യവും ഗാന്ധിനെ ആലോചിക്കാതെ പറഞ്ഞതാണ് അത് നടക്കുന്ന കാര്യം അത് ഒരു കാര്യം മാത്രം പറയാം എന്താണ് മനുഷ്യരുടെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഗുണമെന്നു വെച്ചാണ് ഇവിടെ സത്യം രഹിച്ച് സമസ്സല്ല അതൊരു ഭാവന മാത്രമാണ് ഗുണമെന്ന് പറയുന്ന നമ്മുടെ സ്വഭാവം സന്തോഷം ശമ മറ്റൊരു ഗുണമാണ് കാമം രോഗം മറ്റൊരു ഗുണമാണ് അലസ് മറ്റൊരു ഗുണമാണ് ഈ ഗുണങ്ങളുടെ മാറ്റം വരുന്നത് എന്തുകൊണ്ട് വരുന്നു പറയുന്നത് പോലെ പിടികിട്ടാത്ത സത്വണ്ടേസ് തമസ്സെന്ന് പറയുന്ന മൂന്ന് പദാർത്ഥങ്ങളുള്ളൊന്നും ഉണ്ടല്ല നമ്മുടെ ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങൾ കൊണ്ട് വരുന്നതാണ് ഇന്ന് ഇന്നത്തെ മനുഷ്യർ അറിയാം ഇന്നത്തെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ സ്വഭാവം അതിന് ബാഹ്യമായ നിമിത്തങ്ങളും ഉണ്ടാവും അല്ലാതെ അജ്ഞാതരായി മൂന്ന് ഗുണങ്ങളൊന്നും ആ മൂന്ന് ഗുണങ്ങളെ നമ്മൾ അംഗീകരിച്ചാലും നാല് ജാതിയെ സമർത്ഥിക്കാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യമാർ പലതരത്തിൽ വ്യാഖ്യാനിക്കും വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതാണ് വെറുതെ ഒരു ഭാവനയും കത്ത് മനുഷ്യന് ഗുണമുണ്ട് ആ നമ്മൾ സ്വയം അനുഭവിക്കുന്നതും നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതുമാണ് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു നിങ്ങൾ സന്തോഷമായിരിക്കും നിങ്ങളുടെ സന്തോഷമാണ് സന്തോണം അല്ലാ സന്തോഷത്തിന് കാരണം നിങ്ങളിപ്പോൾ ദേഷ്യിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു ആ ദേഷ്യമാണ് നിങ്ങളുടെ രജ ഗുണം അല്ലാതെ ദേഷ്യത്തിന് കാരണമായ രജ ഗുണം അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലെ എന്തെങ്കിലും കെമിക്കലായി അതിനൊരു പിന്നെ ഇതുകൊണ്ട് പഴയ കാലത്തതിനെക്കുറിച്ചൊന്നും മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴുകി വെച്ചു അത് ആ കാലത്തിൻ്റെ അളവുകളായിട്ട് നമുക്ക് അംഗീകരിക്കാം അതിന്റെ അറിവിന്റെ ഹിസ്റ്ററിപ്പെടുത്തേണ്ട കാര്യമുണ്ടാവും വർത്തമാന യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടേണ്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്ന പണ്ട അങ്ങനെ എഴുതി തോന്നി അന്നത്തെ കാലങ്ങൾ ശരിയായി ഇന്നത്തെ കാലത്ത് ശരി മാറി അതുകൊണ്ട് നാരായണി പറഞ്ഞ വന്ന യാത്ര ഒരിക്കലും ഗുണകർമ്മ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം ഇനി വരുന്നു ഗുണങ്ങൾക്കനുസരിച്ച് ഒരിക്കലും മനുഷ്യന് ജാ അല്ലെങ്കിൽ വരുന്ന വ്യത്യാസം എന്താണ് ഗുണമെന്ന് സ്വഭാവം അത് വ്യക്തികളിൽ വരുന്ന വ്യത്യാസം വ്യക്തികളിൽ വ്യത്യാസമുണ്ട് അത് സംഭവിക്കാം അല്ലാതെ അതനുസരിച്ച് നമുക്കൊരു സമൂഹത്തിനെത്തിരിക്കാൻ പറ്റത്തില്ല ഒരു സമൂഹത്തിലെല്ലാ സംഭവമുള്ളവരും കാണും അപ്പോ ബ്രാഹ്മണങ്ങളെന്ന് പറയുന്ന ഒരു സമൂഹത്തെടുക്കുക നല്ല മനുഷ്യരും മോശം മനുഷ്യരും കാണും ക്ഷത്രിയിലെടുക്കുക അവിടെയും കാണും നല്ല മനുഷ്യരും കാണും അപ്പൊ ഓരോ ഗോത്രങ്ങളാണ് ഈ ഗോത്രങ്ങളിൽ എല്ലാ മനുഷ്യരും കാണും ഏത് ഗോത്രവും എടുത്താലും സൂത്രനെ എടുത്താലിച്ച് എവിടെയുണ്ട് നല്ല മനുഷ്യന് ജീവിത മനുഷ്യരും എന്തുകൊണ്ട് ഗുണം ഉണ്ടായത് അവരുടെ സ്വഭാവം വേറെ വേറെ ആയാലും നമുക്കേതെങ്കിലും ഒരു ഗോത്രത്തെടുത്തിട്ട് ഇവരെല്ലാം ശ്രേഷ്ഠരാണ് നല്ലവരാണ് അങ്ങനെ പറയാൻ പറ്റിയിട്ട നല്ലവരും നല്ലവരായി എന്തുകൊണ്ട് ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ് ഒരാൾ നല്ലവനായിരിക്കുക ചീത്തയായിരിക്കുക വ്യക്തിനിഷ്ട ഗാന്ധിജി എന്താണ് ഒരുപാട് സത്യാഗ്രഹം നടത്തി സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നതിലാണ് ശരി അപ്പൊ അതിന്റേതായ ഉറപ്പും സാധനം ചെയ്യണം പക്ഷേ ഗാന്ധിജിയുടെ മകൻ അങ്ങനെയായിരുന്നു കണ്ടുപിടിച്ച് റോഡിൽ കിടന്നയാളാണ് മരണം ആത്മഹത്യയാണെന്നല്ലെന്നും പറയും അപ്പൊ പാരമ്പര്യമായി ഇത്രയും വലിയ ആത്മശ്വസിക്ക് വേണ്ടി ഗാന്ധിജിയുടെ ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകളുമായി തന്നെ ഒരുപാട് വ്യക്തി ശ്വസിക്ക് വേണ്ടി ശ്രമിച്ച ആളാണ് പക്ഷെ പാരമ്പര്യമായി ഒന്നും സംഭവിക്കും പാരമ്പര്യമായി ഒന്നും സംഭവിക്കത്തില്ല അച്ഛനും അമ്മയും നല്ല സ്വഭാവവരായി എന്നുള്ളതുകൊണ്ട് മക്കളങ്ങനായി ഒരു ഒരു നിയമവുമില്ല അതെല്ലാം മാറിയിട്ട് ജീനൽ മ്യൂട്ടേഷൻ തരുന്നുകൊണ്ട് വരാം സാഹചര്യങ്ങൾ പ്രതികൂലമായോണ്ട് വരാം ഇങ്ങനെയൊക്കെ നമ്മളൊരു കുട്ടിയെ വളരെ ചെറിയ പ്രായം കൊണ്ട് ഒരുപാട് നല്ല ശിക്ഷണങ്ങളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവൻ വളരുമ്പോ അങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും വളർന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ മഹാതെമ്മാടിയായി മാറും ചിലപ്പോ നല്ലവനായിരിക്കും ഇതിലൊന്നും മനുഷ്യന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല നല്ലവനായാൽ നമ്മുടെ ജീവിത പ്രയോഗികൾ ഫലമുണ്ടെന്ന് പറയാം നല്ലവനായെങ്കിൽ അവന്റെ വിധിയും നമ്മൾ പറ അങ്ങനെ നിയമവും ഇല്ല അതുകൊണ്ട് ഏത് കുലത്തിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും കാണും അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ട കാര്യമില്ല ഇതാണ് എന്റെ അഭിപ്രായം എന്റെ കുലം മോശമാണെന്ന് പറഞ്ഞ് നിന്ദിക്കേണ്ട കാര്യമില്ല കുലഗ്രഹത്തിലൊരു ഗോത്രത്തിന്റെ ഒരു ജാതിരെ കാര്യം ആര്യെ ആരാധിക്കേണ്ട കാര്യം അതൊക്കെ വ്യക്തി നിഷ്ഠമാണ് അങ്ങനെ വരുകയാണെങ്കിൽ ഈ പറയുന്ന ജന്മം കൊണ്ടുള്ള ഈ സമ്പർദമായിട്ട് ജന്മം കൊണ്ടവൻ സാധിക്കാനായിരിക്കും എന്നൊക്കെ പറയും തള്ളിക്കളയുണ്ട് ഇത് അസംബന്ധമാണെന്ന് തിരിച്ചറി അപ്പൊ ഇതാണ് ഗുണം ഇനി അടുത്തതിൽ വരുന്നു കർമാണി പ്രവിഭക്ത സ്വഭാവ പ്രഭവം ഇതും വ്യാചാര്യന്മാരൊക്കെ എല്ലാവരും വ്യാഖ്യാനിച്ച് ശ്രദ്ധിക്കേണ്ട അങ്ങനെ ഏത് സ്വഭാവപ്രഭവേ ഈ സ്വഭാവത്തിൽ നിന്ന് പറഞ്ഞല്ലോ പൂർവ സംസ്കാരത്തിൽ ഗുണ സ്വഭാവം അതിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ജന്മനാ കാണുന്ന ഗുണങ്ങൾ അതാണ് ആ ഗുണമെന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാവും എന്താണ് ഇവരുടെ കാര്യം ജന്മനാ തന്നെ അവരുടെ ഗുണങ്ങളുണ്ട് എന്തുകൊണ്ട് അവനാ ഗോത്രത്തിൽ ജനിച്ചോ ഈ ഗുണങ്ങളോടൊപ്പം സഹ ഇവിടെ പദ്യത്തിൽ സഹ എന്നൊരു പദമില്ല പക്ഷെ ഇവിടെ ഇവരുടെ ശുദ്ധി സ്മൃതി ദിവസ പുരാണങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ സഹാന്നു പറയുന്ന പദം ചേർത്താലേ എല്ലാവരും ഒന്നിനു സഹാന്ന് പറയുന്ന പദം വിട്ടുപോയാലും അത് തന്നെയാണ് ആശയം ഇവിടെ കൃത്യമായി ചേർത്തിട്ടുണ്ട് ചപ്പുണങ്ങളോടൊപ്പം കർമാണി കുറേ ഭക്ത കർമ്മങ്ങൾ വിഭജിച്ചിരിക്കുന്നു ആർക്ക് എന്നാലും ബ്രാഹ്മണന്റെ വർമ്മ എന്നതാണ് അതായത് ബ്രാഹ്മണനായി ജനിച്ചതാണ് ക്ഷത്രിയനായി ജനിച്ചിരുന്നതാണ് വയസ്സിനായി ജനിച്ചതാണ് ശുദ്ധനായി ജനിച്ചിരുന്നതാണ് പക്ഷേ അങ്ങനെ ഉള്ള പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര ഈ പ്രതിപാദിക്കാറില്ല കർമ്മങ്ങൾ ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമുണ്ട് ഇതെല്ലാം തലകീരായി മറിക്കുന്നതായിരിക്കും നിങ്ങൾ ഗുണങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർമ്മങ്ങൾ ശാസ്ത്രത്തിൽ വിധിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന യാതൊരു അർത്ഥവും മനസ്സിലായത് കർമ്മങ്ങൾ വിഭജിക്കുന്നു എന്നല്ല ശാസ്ത്രീ പ്രതിപാദിതാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇല്ലാരൻ്റെ കർമ്മം ചെയ്യണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കാരണം രീതിയിലും പറയുന്നതാണ് എന്താണ് അസ്മാത്രം പ്രമാണം ദേ കാര്യകാര്യ വ്യവസ്ഥകളും ശാസ്ത്രീയ വിസൃഷ്ടിയാണ് പറഞ്ഞിട്ടില്ലേ ആരാണോ ശാസ്ത്രത്തിന്റെ വിധികളെ ഉല്ലംഘിച്ച് സൃഷ്ടിമാക്കു തോന്നി അതിലൊരിക്കലും കർമ്മങ്ങളുടെ ഫലം ഉണ്ടാകട്ടേ കർമ്മിന്റെ അഭിരഥ അവനവന്റെ കർമ്മങ്ങളിൽ തന്നെ അവൻ പ്രവർത്തിക്കണം എന്തെല്ലാം പറയുമ്പോ എന്റെ കർമ്മം എങ്ങനെയെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും ഇന്നത്തെ സൂത്ര വ്യാഖ്യാനം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരവന്റെ സ്വഭാവം അനുസരിച്ച് തീരുമാനിക്കണമെന്നാണ് പക്ഷെ ഈ ആചാര്യന്മാരെല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്ന അങ്ങനെ എല്ലാ ശാസ്ത്രമനുസരിച്ച് തീരുമാനിക്കണമെന്നോ ശാസ്ത്രം എന്താ പറയുന്നത് ബ്രാഹ്മണന് ഇന്ന കർമ്മം ചെയ്യണം ബ്രാഹ്മണൻ ആരാണെന്നോട് തീരുമാനിച്ചു കഴിഞ്ഞു ക്ഷത്രി ഇന്ന കർമ്മം വയസ്സിന് ഇന്ന കർമ്മം ശൂത്രൻ ഇന്ന കർമ്മം ചെയ്യണം ഇപ്പൊ ശാസ്ത്രവിധിയനുസരിച്ച് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ആരാധിക്കുന്നവരെല്ലാവരും വ്യാഖ്യാനവും പറയുന്നത് ഇതിന്റെ വ്യാഖ്യാനവും പറയുന്നുണ്ട് ഇപ്പൊ ബ്രാഹ്മണന്റെ കർമ്മം എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർക്കണം ഇവിടെ പറയുന്ന ശമൻ ദമാലികളൊക്കെ എന്താണ് കർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതവന്റെ ഉപജീവന മാർഗമല്ല അതവന്റെ വൃത്തിയല്ല ആ മാത്രമേ ചെയ്യാവൂ അതാണ് ശാസ്ത്രം പറയുക ജന്മം കൊണ്ട് ആരാണ് ബ്രാഹ്മണൻ തീരുമാനിക്കപ്പെട്ടു അവന്റെ യാഗം ചെയ്യിപ്പിക്കുക ദാനം സ്വീകരിക്കുക വേദം അഭ്യസിപ്പിക്കുക ഇത് മറ്റൊരാൾക്കും ചെയ്യാൻ അവകാശമില്ല എന്തുകൊണ്ടത് ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇവിടെ ശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ തന്നെയെന്ന് കാണിക്കാൻ വേണ്ടി നിരവധി സ്മൃതികൾ ഇവിടെ വ്യാഖ്യാനത്തിലും പറയുന്നുണ്ട് മറ്റ് വ്യാഖ്യാനങ്ങളിലും പറയുന്നു അപ്പൊ കർമ്മങ്ങളെന്ന് പറയുന്നത് നിസാര ഗുണമല്ല തീരുമാനിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ രീതി പറയേണ്ട കാര്യമില്ല എന്നാണ് തസ്മശാസ്ത്രം അത് പറയേണ്ട ആവശ്യമുണ്ടല്ലോ സ്വധർമ്മേ നിധനം ശ്രേയ പലധർമ്മവും ഭയവാ സ്വധർമ്മം പലധർമ്മം എങ്ങനെ തീരുമാനിക്കില്ല ആശ്രമില്ല സ്വധർമ്മത്തിൽ മരിച്ചോ പലധർമ്മം സ്വീകരിക്കരുതെന്ന് പറയുമ്പോൾ സ്വധർമ്മം പലധർമ്മം ശാസ്ത്രത്തിലൂടെ തീരുമാനിക്കണം ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നോക്കേണ്ട ഒരു വിശ്വതി സമൃതി ഇതിഹാസ പുരാണങ്ങൾ ആ പുരാണങ്ങൾ രംഗമായി പറയുന്നത് കൊണ്ട് ബ്രാഹ്മണന്റെ കർമ്മം ഇന്നതാണ് വേറെ ആൾ ചെയ്യാൻ പാടില്ല അതൊക്കെ സാമാന്യ സംസ്കൃത ബോധങ്ങളും മത്സ്യമനുസരിച്ചുള്ള വ്യക്തമായി ചോദിക്കുക കള്ളത്തിൽ ഒന്നുമില്ല സത്യസന്ധമായാണ് വ്യാഖ്യാനം എല്ലാ ശാസ്ത്രങ്ങളും ഉദ്ധരിച്ച് വളരെ കൃത്യമായി വ്യാഖ്യാനം എന്റെ ആവശ്യം കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ക്ഷത്രിയുടെ കർമ്മം എന്നാണ് അത് ക്ഷത്രിയിൽ തന്നെ ചെയ്യണം അതിനപവാദങ്ങൾ പുരാണങ്ങളിൽ കാണും അത് വേറെ നിയമം അതാണ് പൈസന്റെ ചെയ്യണം അത് ചെയ്യാൻ പാടില്ല ശാസ്ത്രത്തിൽ അതാ അതില് ഈ മാറ്റം വരുത്തുന്നത് ഒന്നും ഭാഷയുടെ നിയമങ്ങൾ അറിയിച്ചിട്ട അർത്ഥങ്ങളുടെ നിയമങ്ങൾ അറിയിക്കില്ല ഭാവന മാത്രമാണ് കാരണം ഉദ്ദേശ്യ വിധേയങ്ങൾ എന്ന് പറയുന്ന നിയമം അനുസരിച്ച് അവതരിച്ചിരിക്കുന്നത് ബ്രാഹ്മണന് ഉദ്ദേശ്യമാണ് വിധേയമാണ് കർമ്മങ്ങൾ അപ്പൊ ഉദ്ദേശ്യമായ ബ്രാഹ്മണൻ മുൻപതിനവിടെ ഉണ്ടായിരിക്കണം എന്നാൽ അവന് കർമ്മം പിരിക്കാൻ പറ്റും കർമ്മത്തിലൂടെ ബ്രാഹ്മണനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് യുദ്ധൻ ഞാനാണെങ്കിൽ സൂത്രനായില്ലെന്നിരിക്കുന്നത് അതിന് മാറാൻ പറ്റില്ല ദ്രോണര് ബ്രാഹ്മണൻ ആണ് യുദ്ധം ചെയ്ത് യുദ്ധം ബ്രാഹ്മണനായിരിക്കുന്നത് ഇത് മാറ്റം വരത്തില്ല പറ്റില്ല കർണൻ യോദ്ധാവാണ് പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ശേഷനായിട്ടുള്ള യോദ്ധാവ് യുദ്ധം ചെയ്യാൻ അറിയാൻ എന്നാലും സൂത സൂത്രനാണ് അതുകൊണ്ടാണ് അത് രാജ്യത്തിൽ അഭിഷേകം ചെയ്തപ്പോ മറ്റുള്ളവർ തർക്കം പറഞ്ഞ് കണ്ണനോട് ബന്ധു ഇതിന് തയ്യാറാകാം സൂതകുത്രനാണെന്ന് എല്ലാവർക്കും പറയും മാറ്റം വരത്തില്ല പിന്നെ സ്ത്രീകൾ ദൈവായി ക്ഷേമിക്കുക ഇവിടെ പരിഗണിക്കുന്ന ഇതൊക്കെ ആണുങ്ങളുടെ കാര്യങ്ങൾ മൊത്തം ഈ ശാസ്ത്രങ്ങൾ സ്ത്രീ വിരുദ്ധമാണ് സ്ത്രീകൾ സ്ത്രീകൾക്കൂടെ യാതൊരു പരിഗണനയും സ്ത്രീകൾക്ക് മനസ്സിലാകത്തില്ല ഇതിലെ എന്താണ് വസ്തുസ്ഥിതിയാണ് ഞാൻ പറയുന്നത് ഇതിലെന്റെ ഭാവനയാണ് എന്റെ വ്യാഖ്യാനം ഒന്നുമില്ല നമുക്കറിയാവുന്നതുണ്ടെങ്കിൽ ഈ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചു പിന്നെ ഇതിനെ വെളിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം അതും അറിയാമല്ലോ അതിന് ഞാൻ മോശത്തായിരുന്നോ പക്ഷെ വസ്തുസ്ഥിതി പറയണോ അതുകൊണ്ടിനി പറയുക ഇനി പുറത്തിറങ്ങി അത് പറയേണ്ടി വന്ന ഞാൻ പറയാറില്ല പറയേണ്ടി വന്നാ ഇതിനെ വെളിപ്പിക്കേണ്ടിട്ട് എനിക്ക് തല്ല് കിട്ടും അതിനെ സംശയം സത്യസന്ധമായി നമ്മളെ ബോധ്യത്തിന്റെ ഇതിൽ പുറത്ത് പറയാൻ പറ്റും ഇതിനകത്തരുന്ന ഇതിനകത്തരുന്ന് പറഞ്ഞാലും ദേഷ്യമില്ല ഇതിന് പുറത്തെ സ്ഥിതി എന്താണ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് സ്ഥിതി കർമ്മങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നത് ശ്രീതി സ്മൃതി ഇതിഹാസ പുരാണാദി ശാസ്ത്രങ്ങൾ അനുസരിച്ചായി ഈ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് കർമാണി പ്രവിഭക്താരി സ്വഭാവം പ്രഭീരുന്നേ ഉണ്ട് ആചാര്യന്മാരെന്തുകൊണ്ട് അവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ അത് ഇതിലെ പരസ്പരം സമീപിച്ച് മനസ്സിലാക്കണം കർമ്മം ചെയ്യുന്നതിന് എന്ത് വേണം പ്രമാണത്തെ ശാസ്ത്രം പ്രമാണമാണോ അതനുസരിച്ച് കാര്യം എന്ന് വെച്ചാൽ കർമ്മമൊന്നാണോ ആ കാര്യമൊന്നിച്ച് എന്ത് ചെയ്യാൻ പാടില്ലേ കർത്തവ്യമല്ലാത്തത് ശാസ്ത്രം പ്രമാണമാക്കി ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ആചാര്യം കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും ഒരാള് ബ്രാഹ്മണകുലത്തിൽ ജനിക്കുകയാണെങ്കിൽ അയാളുടെ വൃത്തിയായിട്ട് എന്താണോ ഇച്ചിട്ടുള്ളത് അത് തന്നെയായിരിക്കും പിന്നെ ഇതിനൊക്കെ ചില അപവാദങ്ങൾ പറയുന്നു എന്താണ് ആപദ്ധർമ്മം എല്ലാവർക്കും പറയുന്നു പക്ഷെ ഇത്രേനും ഭിക്ഷ എടുക്കാൻ ഉൾപ്പാടില്ല പക്ഷെ ആപദ്ധർമ്മി മറ്റ് വഴിയിൽ പോയി ഭിക്ഷെടുക്കും അത് എന്തിനു വേണ്ടിയായിരിക്കണം ജീവനെ നിലനിർത്താൻ വേണ്ടി അത് ചെയ്യാം അങ്ങനെ ആപദ്ധർമ്മമായി ബ്രാഹ്മണനും മറ്റു വർണ്ണങ്ങളെ കറന്ന് ചെയ്യാം അത് പറയുന്നില്ല ശരിയായ ധർമ്മമാണ് ഇതൊക്കെ വൈശ്യസൂത്ര ഇപ്പോ കർമ്മം എന്ന് പറയുന്നത് പാരമ്പര്യ സിദ്ധമാണ് ഒരു കുലത്തിൽ ജനിച്ചാൽ ആ കർമ്മം തന്നെ ചെയ്യണം അതാണ് ശാസ്ത്രം പറയുന്നത് അതിൽ നിന്ന് പാടില്ല ഇതിനാണ് ജാതുപോലെ സിദ്ധാന്തം നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ചഴി ചോദിക്കില്ല ഒക്കെ പഴയ കാര്യങ്ങളല്ലേ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പൊ തെരുവന്തിനാണ് ചർച്ച ചെയ്ത് ഇപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് മനുഷ്യരുടെ ഇടയിലും പരസ്പരം വേണം വിരോധമല്ലാതെ തന്നെ എന്ന് ഇതിനെ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ് ഇതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ അംബേദ്കർ എന്ന് സമാരം പറഞ്ഞു ഗാന്ധി പറഞ്ഞു നിങ്ങൾ പ്രത്യേക സംവരണം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ വിഭജിക്കുന്നതല്ലേ അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ മരിച്ചു നിങ്ങൾ പറയുന്ന പോലെ എന്താണ് ജാതിക്കനുസരിച്ച് ഉള്ള സംവരണം ജാതിയ അംബേദ്കർ മറുപടി പറഞ്ഞു ഹിന്ദുക്കൾ ഇതിനകം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു മഹാത്മാജിക്ക് അത് മനസ്സിലായിട്ടില്ലേ ഞാനത് ആവശ്യപ്പെടുന്നുകൊണ്ടല്ല ഇന്ത്യൻ ഉപയോഗിക്കുന്നത് അത് അതിനകം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞു അത് ഗാന്ധിജിയുടെ മനസ്സിലായത് അവസാന സമയത്താണ് അന്ധ്യകാലത്ത് മനസ്സിലായി മഹാരാഷ്ട്രയിലെ ഒരു രാമക്ഷേത്രത്തിന് മുമ്പില് അഞ്ചു വർഷം സമരം ചെയ്ത് അമ്പലം ഒന്ന് എന്താണ് ഈ നിരത്തുകൾക്ക് അവിടെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടി അമ്പലം തുറന്നില്ല അമ്പലം പൂട്ടിയിട്ട് പോയി എന്തുക്കൾ വിഭജിച്ചു എന്നുള്ള കാര്യങ്ങൾ ആദ്യം അതുകൊണ്ട് ആ പറയുന്ന പ്രതിരോധങ്ങൾക്കൊന്നും യാതൊരാൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് ആരെങ്കിലും ഒരാള് പാരമ്പര്യത്തിന്റെ പേരിൽ എനിക്ക് ഈ ജോലി വേണമെന്ന് നിർബന്ധം പിടിച്ചു അതിനൊരു ജാതി എന്ന് പറയുന്നു ബാക്കി പ്രശ്നങ്ങളൊക്കെ മാറ്റിവെക്കും ഇപ്പൊ കൂടൽ മാണിജ്യ ക്ഷേത്രത്തിൽ എടുത്ത് സംഭവിച്ച പറയുന്നു കഴകമെന്ന് പറയുന്നു ഈ പാരമ്പര്യമായി ഞങ്ങൾക്ക് ഇതാണ് ജാതി പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിയാണ് എന്റെ രാഷ്ട്രീയമായി അതിനെ തിരിച്ചും മറിച്ച് നോക്കിയാ എന്തൊക്കെ വയ്ക്കാൻ അങ്ങനെ ഒരു ജാതികൾക്കും ഇന്നും പാരമ്പര്യമായ ഒരു തൊഴിലും അവകാശപ്പെടാൻ പാടില്ല സ്വതന്ത്ര ഭാരതത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് പാടില്ല ആരെങ്കിലും പാരമ്പര്യമായി എനിക്കിന്ന് ജോലി വേണം ഒരു ജാതി അവകാശപ്പെടാൻ ഒന്ന് വരയിട്ടില്ല എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ എല്ലാ ജാതികളും മറ്റുള്ളവരുടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് വയരർ എന്ന് പറയുന്ന ഒരു ജാതിക്ക് വേറെ ഏതെങ്കിലും പട്ടാളത്തിൽ പോകാം പോലീസിൽ പോകാം സിനിമാ നടനാകാം രാഷ്ട്രീയക്കാരനാകാം എന്ത് എന്ത് ജോലിയാണോ പിന്നെ വായിച്ചു എന്താണ് ഇത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങളിത് എന്ത് ചെയ്യുന്നു വേറെ ജോലിക്കാരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അത് വെച്ച് അസംബന്ധമാണ് അങ്ങനെ ഇന്ന് ഒരു ജാതിക്കും പറയാൻ പറ്റില്ല ഇന്ന് ബ്രാഹ്മണർ എല്ലാത്തിലോടും ചെയ്തു ജീവിക്കാൻ വേണ്ടി പിന്നെ എന്താണ് പൂജ അത് ഞങ്ങളെ ചെയ്യാൻ പാടുള്ളൂന്ന് നിർബന്ധം പഠിക്കുന്നതായിരുന്നു അങ്ങനെയാണെങ്കിൽ മറ്റു ജോലിക്ക് എന്തിനു പോകണം നിങ്ങൾ ശാസ്ത്രങ്ങളും പാരമ്പര്യവും അനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണനെന്ത് ജോലി ചെയ്യാവോ മറ്റുള്ളവർക്ക് കൊണ്ട് യാതും പുറത്തിക്കുകയും ദക്ഷിണമായി വേദം പഠിപ്പിക്കുകയും പണിയും ചെയ്യാവും ഇറന്നും ചെയ്യാൻ പറ്റും അങ്ങനെയാണോ നടക്കുന്നത് ക്ഷത്രിയിൽ അങ്ങനെയാണോ സൂത്രൻ അങ്ങനെയാണോ എല്ലാവർക്കും എല്ലാം ജോലി ചെയ്യാവുന്നതെന്ന് പിന്നെ പറയണെന്താണോ ഞങ്ങളൊരു പ്രത്യേക ജാതിയാണ് ഈ ജോലി എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് എന്താ കോമൺ സെൻസ് എവിടെയാണ് ഭാര്യയുടെ നേതാവും ടി വി ചാനലുകൾ വന്നിരുന്ന് ഈ വിഷയം പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് ഇത് ചോദിക്കുന്ന ഒന്നുണ്ട് പക്ഷെ ഞാൻ കേട്ടുകൊണ്ടിരിക്കാനേ വേണ്ടി ടി വി അല്ലേ ഞാൻ ചോദിച്ച അയാൾ ഏകത്തില്ലല്ലോ അപ്പൊ എന്റെ മനസ്സിൽ ഒന്നാണ് ഇവരെന്തായി പറയും എന്താ സംബന്ധമാണ് ഇന്ന് ഏതെങ്കിലും ഒരു ജാതിക്ക് അവരവരുടെ ജോലി ചെയ്ത് പാരമ്പര്യത്തിന്റെ പേർക്കോ ചികിത്സയിലെ പേർക്കോ ഇന്ന് ജീവിക്കാൻ പറ്റും സാധിക്കുന്ന കാര്യം വീണ്ടും എന്താണോ പഴയ പാരമ്പര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഈ അവകാശം പറയുന്നവരും മറ്റ് ജാതിക്കാരുടെ ജോലി അങ്ങ് ചെയ്യരുത് ഇതങ്ങനെ ജാതിക്കനുസരിച്ചല്ലോ ജോലി ചെയ്യണം ആർക്കെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഇതൊക്കെ പഴയ കാലമാണ് സ്വാമി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഹിന്ദു ഐക്യം തകർക്കുന്നു എന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരരുത് ഇതൊക്കെ ഹിന്ദു സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഞാനിത് എന്തിനാ ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ മനുഷ്യൻ ചിന്തിക്കുകയും പ്രശ്നങ്ങളും മനസ്സിലാക്കി വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും അല്ലാതെ സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കിയത് പുക മറകൾ സൃഷ്ടിച്ചിട്ട് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ലാഭമുണ്ടാക്കാനുള്ള ശ്രമിക്കേണ്ടതാണ് അത് ശരിയായ കാര്യമല്ല എന്താണ് പ്രശ്നം ഹിന്ദു സമാജത്തിലുള്ള ഇന്നത്തെ പ്രശ്നം ഇത് തന്നെയാണ് ഇന്നുള്ള പ്രശ്നം അത് അർത്ഥവത്തായി പരിഹരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റി തുറന്ന് സംസാരിച്ചേ പറ്റി വ്രണത്തെ മൂടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പ്രശ്നമാണ് മൂടി വെച്ച് അധികാരം ഇപ്പോൾ ജാതി വിവേചനവും സ്ത്രീ വിവേചനവും ഇന്നും ഹിന്ദു സമൂഹത്തിനും വളരെ ദൃഢമാണ് മറ്റു സമുദായങ്ങളില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടൂഡേ ഒരു സർവേ അടക്കം അതില് ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞു സ്ത്രീ പുരുഷൻ അവരുടെ വിവരങ്ങൾ വിവേകങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞു കുറെ ചോദ്യങ്ങൾ ചോദിച്ചു സാമ്പിൾ സർവേ കിട്ടും ഏറ്റവും ഒരു ഉദാഹരണത്തിന് ഒരു ചോദ്യം ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ശമ്പളം അവർക്ക് ചെലവഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ അതോ വീട്ടിൽ കൊണ്ടുവന്ന് പുരുഷനേൽപ്പിക്കണം അയാൾ ചെലവഴിക്കുന്നത് ഒരു സാമ്പിൾ ചോദ്യമാണ് നേരത്തെ നെറ്റിൽ നോക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം സ്ത്രീ ആ ശമ്പളം കൈവെച്ച് സ്വയം ചെലവഴിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അല്ല പുരുഷനെ ഏൽപ്പിക്കണമെന്നാണെങ്കിൽ പുരുഷ അപ്പൊ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വമാണല്ലോ അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇത് ഒരു മാസമായിട്ട് ഈ സർവേ നടത്തി യു പി യു ശതമാനം പേര് പറഞ്ഞ എന്താണ് ശമ്പളം വാങ്ങി ഒരുക്കുന്നത് അതാണ് പുരുഷ സ്ത്രീക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് വേറൊരു കാര്യം അതുകൊട്ടെ ആ പക്ഷേ ഞാൻ പറയുന്നത് ഇവ ഒരു കാര്യം മനസ്സിലാക്കാൻ സ്ത്രീ ജോലി ജയിലിൽ ശമ്പളമായി കഴിഞ്ഞാൽ അതാരെക്കണം പുരുഷനെപ്പിക്കണം ഇത് തൊണ്ണൂറ് ശതമാനം ഇവിടെ ആർഷ സംസ്കാരം മൂത്തു വില വിലസുന്ന യു ഇതാണ് പുരുഷ മേധാവി തോന്നുന്നത് അച്ഛൻ ഓരോ സ്റ്റേറ്റ് എന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണ് ദോഷമുണ്ട് എന്നൊരു ഗുണം മാത്രം ഞാൻ പറയും എഴുപത്തിയാറ് ശതമാനം പറഞ്ഞ എന്താണോ സ്ത്രീകൾ ശമ്പളം വാങ്ങിയ സ്വയം ചെലവഴിക്കാനുള്ള അവകാശം അവിടെ ഈ എഴുപത്തി ആറ് ശതമാനം കാരണം സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏത് വിഭാഗമാണെന്ന് നിങ്ങൾ ഊഹിച്ചോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എഴുപത്താറ് പെൺകുട്ടികൾ പോലും സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോ കേരളത്തിന് വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ട് അവരംഗീകരിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു പുരുഷ മേധാവി കൂടെ ആവശ്യമില്ല സ്ത്രീകൾ തന്നെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത് അപ്പൊ കേരളത്തിൽ എഴുപത്തി ആറ് ശതമാനം അനുവദിച്ചപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം യു പിയിലത് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് പാരമ്പര്യം പാരമ്പര്യമായി മനുഷ്യന്റെ മനസ്സിൽ കയറി കൂടിയ ഒരു സംഗതികളാണിത് സ്ത്രീയെന്നും അടിമയായി കഴിഞ്ഞിരിക്കും പുരുഷന് വേണം അതെവിടെ നിന്ന് വന്നു അതാണ് ഞാനീ പറഞ്ഞത് ഞാൻ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒന്നായിരുന്നു അതൊന്നുമല്ല വസ്തുസ്ഥിതി പറയും ഈ കാര്യങ്ങളിലൊക്കെ നമ്മളും യാഥാർത്ഥ്യ ബഹുത്തോടുകൂടി ചിന്തിക്കാൻ കേരളത്തിൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ടായിരുന്നു ദോഷങ്ങൾ ആ ദോഷം വിദ്യാഭ്യാസത്തിന്റെ ദോഷമല്ല വിദ്യാ വിഭ്യാസ സമ്പ്രദായങ്ങൾ ശരിയല്ലാത്ത ഒന്ന് ദോഷം വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത് അബോധർമ്മ എന്താണ് ശാസ്ത്രം ആണ് അപ്പോ ശാസ്ത്രം ധരിക്കുന്നത് എന്ത് ചെയ്യും ഗുണങ്ങളെ കൂടി പരിഗണിക്കും അതാണ് ഇവിടെ സരശക്തി അപ്പൊ ഈ ഗുണങ്ങളെ കൂടെ എങ്ങനെ പരിഗണിക്കും അപ്പൊ നമുക്കൊരാശ്വാസം ശാസ്ത്രം കർമ്മത്തെ വിധിക്കുന്നു പക്ഷെ ഗുണങ്ങളെ പരി പരിഗണിച്ചുകൊണ്ട് ഗുണങ്ങളെങ്ങനെയാണ് പരിഗണിക്കുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവു സംസ്കാരം കുറവു സംസ്കാരം കൊണ്ട് ബ്രാഹ്മണനായി ജനിക്കുന്നു അപ്പോൾ ബ്രാഹ്മണനിൽ സത്വഗുണമാണ് ആ ഗുണത്തെ പരിഗണിച്ചുകൊണ്ടാണ് അധ്യാപനവും വ്യാജനുമെല്ലാം ശാസ്ത്രങ്ങൾ ബ്രാഹ്മണന് വിധിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പുറപക്ഷം ചോദിക്കും മത്സൂന സെൻസിൽ പുറപക്ഷങ്ങൾ കണ്ടുകൊണ്ട് കണ്ടു നിങ്ങളെന് എത്ര ഈ ബ്രാഹ്മണങ്ങൾ ഇത്രവാസികൾ ബ്രാഹ്മണങ്ങളിലെല്ലാവരും സത്ത് ഗുണമുള്ളവരാണ് അങ്ങനെ അല്ലാത്തവരില്ലേ അതിന് മത്സൂസ് എന്ന് പറയുന്ന ഐശ്വര്യാണ് പക്ഷേ ബ്രാഹ്മണങ്ങൾ കൂടുതൽ വരെ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ എടുക്കണം അല്പം കുറച്ച് പേര് ഗുണമില്ലാത്തവരുതാണ് മോശം ഗുണമുള്ളവരുതാണ് പക്ഷെ കൂടുതൽ പേര് സ്വത്ത് ഗുണമായതുകൊണ്ട് ഗുണങ്ങളെ പരിഗണിച്ച് ശാസ്ത്രം വിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണങ്ങൾ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ് അതാണ് വിശേഷ തോത് പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് സാമാന്യതാണ് ചമം ദമ്മും ഇതൊക്കെ എവിടെയാണ് പക്ഷേ വിശേഷമായ ധർമ്മങ്ങളെന്ന് പറയുന്നത് അത് ബ്രാഹ്മണന് എന്താണോ വിധിച്ചത് അത് മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവരും ചെയ്യരു സംക്രാചാര്യ ഭാഷയ്ക്ക് പറയുന്ന രീതിയിലൊക്കേർപ്പാട് ഭഗവാൻ നേരത്തെ ഉണ്ടാക്കി ഈശ്വരൻ തന്നെ ഉണ്ടാക്കി വെച്ചാണ് അല്ല ഈ ലോകം നേരെ ഗുണങ്ങളുണ്ടെങ്കിൽ ഈ ജാതക ഈ പറഞ്ഞു ജാതകൾ ലോകത്ത് നടപ്പിലായാലേ പറ്റും എന്ന് മാത്രമല്ല ഒരു പടിയുടെ കിടന്ന് പറഞ്ഞു മോക്ഷം കിട്ടണമെങ്കിലും എന്ത് വേണം ഈ വ്യവസ്ഥ നല്ലതാണ് എന്ന് തുടങ്ങി അപ്പോ ഇതിന്റെ പോരായ്മകൾ മനസ്സിൽ ആക്കിയിട്ട് വേണേ പറയാനില്ല അപ്പൊ ഇനി ഇതയുടെ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ ഞാനിത് ആവർത്തിക്കത്തെന്ന് നിങ്ങൾ ഓരോടൊപ്പിക്കത്തില്ല പക്ഷെ മനസ്സിലിരിക്ക മനസ്സിലിരിക്കണം ഇവര് തുറന്നു പറഞ്ഞാലും ഇതൊന്നും ഇവരുടെ മനസ്സിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതൊന്ന് ശാസ്ത്ര നിർമ്മാണം അതുകൊണ്ട് പറയുന്നു ബ്രാഹ്മണാദേവദേവ ഗുണക്രാഹ്മണാധിജാതികൾ ഇങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയവരാണ് ബ്രാഹ്മണന്റെ സത്വം എത്രയും രുചസിങ്ങനെ ഈ ഗുണത്തോടുകൂടിയവരാണ് ആ ഗുണം വിശദീകരിച്ചത് ദേശാംശേതാണ് ഈ കർമ്മം അവർക്ക് ശാസ്ത്രത്തിൽ തിരിച്ചിരിക്കുന്ന കർമ്മം എന്ന് മനസ്സിലാക്കണം വൃദ്ദേശിച്ച കർമ്മങ്ങളെ രണ്ടായിത്തിരിക്കണം സാമാന്യമായ കർമ്മങ്ങൾ ശബന്ധമുണ്ട് കാരണം ഇത് ഉപജീവനങ്ങൾ പേര് ഞാൻ ശ്രമമുള്ളവനാണ് സന്തോഷമുള്ളവനാണെന്ന് പറഞ്ഞാൽ എൻ്റെ വയറ് നിറയത്തില്ല അതും മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് വേണ്ടി ശാസ്ത്രം വിധിച്ചതാണ് വൃത്തി ഉപജീവന മാർഗം അതിനെയും ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം ജാതിക്കനുസരിച്ച് വിജയിക്കുന്ന ഗീത വേഗം ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളെന്ന് പറയുന്നിടത്ത് ഒരിക്കലും അവർ ഈ സാമാന്യധർമ്മം വിശേഷധർമ്മം എന്ന് വേറിതിരിച്ച് പറയത്തില്ല പറഞ്ഞാകും കുഴപ്പമോ സാമാന്യധർമ്മം വിശേഷധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ശാസ്ത്രത്തിലേക്ക് പോലും വരും ജാത്രത്തിൽ പോയാൽ ജാതിക്കനുസരിച്ച് ശാസ്ത്രം പറഞ്ഞാൽ കർമ്മങ്ങൾ എന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും അതിൽ നിന്ന് ഒരാൾക്കും പുറത്തു കിടക്കാൻ നോക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം കണ്ണടച്ചു കഴിക്കേണ്ടി വരുന്നത് തടി രക്ഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ദൈവീയത കൂടെ ക്ഷമിക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല അതാണ് പ്രശ്നം പ്രത്യേകിച്ച് വിഭജ്യ പ്രതിഭാതീശാസ്ത്രമാണ് അപ്പൊ ഇതന്നെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു വളരെ വ്യക്തമായി വേർതിരിച്ച് പറയുന്നുണ്ട് ഇതിന്റെ സാമാന്യധർമ്മങ്ങൾ ഇതൊക്കെയാണ് ഓരോ ജാതികൾക്കും ക്ഷത്രിയന്റെ സാമാന്യധർമ്മനും സൗര്യം തേജസ് ധൃദർ ദാക്ഷിതര വൈസ്യന് പറയും കൃഷി യുവരക്ഷ വാണിച്ചാലും പറയും അവിടെ അധികം ഇവിടെ പറയുമ്പോ വൈസ്യന്റെ സാമാന്യധർമ്മവും വിശേഷധർമ്മവും ഒന്ന് തന്നെയാണ് അത് തന്നെ സാമാന്യധർമ്മവും അത് തന്നെ വിശേഷിക്കും ശൂദ്രനെ സംബന്ധിച്ചു അങ്ങനെയാണ് ശൂദ്രന്റെ പ്രവൃത്തി എന്താണ് നാല് വർണ്ണങ്ങളെയും ശേഷം അത് തന്നെ അവന്റെ തന്നെയാണ് വിശേഷണം എന്ന് അവന്റെ ഉപജീവന മാർഗം അവിടെ രണ്ടായി വിഭജിക്കാൻ പറ്റില്ല പിന്നെ ബ്രാഹ്മണനും കാണുന്ന സാമാന്യതർമ്മ തെറിച്ച് പോയി അവിടെ നിന്ന് തെറിച്ച് ചാടിച്ചൂത്രം വരാതെ അംഗീകരിക്കുന്നു അല്ലാതെ ശൂദ്രന് പ്രത്യേകിച്ച് സാമാന്യം വിശേഷവും രണ്ട് ധർമ്മവും അത് ബ്രാഹ്മണനാണ് ബാക്കി എല്ലായിടത്തും എന്താണ് സാമാന്യധർമ്മവും വിശേഷം അവിടെ രണ്ടായിരിക്കേണ്ട കാര്യം പിന്നെ ക്ഷത്രിലും കുറച്ച് വ്യത്യാസം പറയുന്നു എന്നാലും ക്ഷത്രിയധമങ്ങളെന്നൊരു വലിയ പ്രയാസം ഇത കുലം അനുസരിച്ച് ഇതൊക്കെ തീരുമാനിച്ചു പറയുകയും അതുകൊണ്ട് ഇതാണ് ആചാര്യന്റെ അഭിപ്രായം എല്ലാ ആചാര്യന്മാരുടെ അഭിപ്രായം ഇത് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഇതിനെ തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അലോത്സ്യപ്പെടുത്തുന്നില്ല അടുത്ത് ഞാൻ വ്യാഖ്യാനിക്കും പഴയ ഭാഗങ്ങൾ വ്യക്തി പോകും പക്ഷെ ഇത് അറിഞ്ഞിരുന്നാന്നുള്ളത് അപ്പോൾ നമ്മൾ ഗീത വ്യാഖ്യാനിക്കുമ്പം എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മൾ ഗീത വൈകുന്നോ എന്താണ് ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് കർമ്മങ്ങളെന്ന് പറഞ്ഞുകൊടുക്കുക ഒരു കുഴപ്പമില്ല എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവണം ഗുണങ്ങൾക്ക് അനുസരിച്ച് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് സാമാന്യമായ കർമ്മങ്ങളെ കുറിച്ചാണ് പിന്നെ ഗീതയുടെ അർത്ഥമാണെന്ന് തറപ്പിച്ച് പറയാൻ പോകട്ടെ അങ്ങനെ പറയാനും പോകണ്ട കാരണം ഞാനീ പറയുന്ന രീതിയിൽ നിന്ന് അങ്ങനെയും പറയണ്ട നമ്മള് നമ്മുടെ ഗീത എന്ന് പറയുന്നത് നമ്മുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വരുമ്പോ അത് സോഷ്യലിസം ആണ് അപ്പൊ സോഷ്യലിസത്തിൽ എന്തൊക്കെ പറ്റും ആ രീതി പറയും മയപ്പെടുത്തി പറയും അതേ നിവർത്തുകയുള്ളു വേറെ വഴിയൊന്നും സമൂഹത്തിൽ പറയും അതുകൊണ്ട് ഞാൻ നിങ്ങളെ വൈഷമ്യങ്ങളിലത്തേക്കൊന്നും കൊണ്ട് ചാടിക്കുന്നില്ല അപ്പോ എന്താണ് ഗീതയെ വ്യക്തിക്കുമ്പോ അടവ് നയങ്ങൾ സ്വീകരിക്കുക രാഷ്ട്രീയക്കാർക്ക് അതെന്താ പരിപാടി ഇല്ല മനസ്സിലായിട്ട്